നിങ്ങൾ അവരുടെ കൂടെയായിരിക്കുകയും അവർക്ക് നമസ്കാരം നിർത്തിക്കൊടുക്കുകയും ചെയ്യുമ്പോൾ അവരിലെ ഒരു സംഘം നിങ്ങളുടെ കൂടെ നിൽക്കുകയും തങ്ങളുടെ ആയുധങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യട്ടെ അവർ സുജൂതി ചെയ്താൽ അവർ നിങ്ങളുടെ പിന്നിലായിരിക്കട്ടെ നമസ്കരിക്കാത്ത മറ്റൊരു സംഘം വന്ന് നിങ്ങളുടെ കൂടെ നമസ്കരിക്കുകയും തങ്ങളുടെ ജാഗ്രതയും ആയുധങ്ങളും നിലനിർത്തുകയും ചെയ്യട്ടെ നിങ്ങളുടെ ആയുധങ്ങളെയും സാധനങ്ങളെയും കുറിച്ച് നിങ്ങൾ അശ്രദ്ധരാകണമെന്ന് സത്യനിഷേധികൾ ആഗ്രഹിക്കുന്നു അങ്ങനെ അവർക്ക് ഒറ്റയടിക്ക് നിങ്ങളുടെ മേൽ ആക്രമണം നടത്താം മഴ കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലോ നിങ്ങൾ രോഗികളാണെങ്കിലോ ആയുധങ്ങൾ താഴെ വെക്കുന്നതിൽ നിങ്ങൾക്ക് തെറ്റില്ല എങ്കിലും നിങ്ങൾ ജാഗ്രത പാലിക്കുക സത്യനിഷേധികൾക്ക് അപമാനകരമായ ശിക്ഷ അള്ളാഹു സുഹാനുഹുവ താല ഒരുക്കി വച്ചിരിക്കുന്നു